വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവുള്ള ഒരാൾ പറഞ്ഞു താങ്കളുടെ കണ്ണൊന്ന് ചിമ്മുന്നതിനു മുമ്പ് ഞാനത് താങ്കൾക്ക് എത്തിച്ചുതരാം അത് തൻറെ അടുക്കൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എന്റെ രക്ഷിതാവിൻറെ അനുഗ്രഹമാണ് ഞാൻ നന്ദി കാണിക്കുന്നുവോ അതോ നിഷേധിക്കുന്നുവോ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണിത് ആരെങ്കിലും നന്ദി കാണിക്കുന്നുവെങ്കിൽ അവൻ തൻറെ സ്വന്തം നന്മയ്ക്കായിട്ടാണ് നന്ദി കാണിക്കുന്നത് എന്നാൽ ആരെങ്കിലും നിഷേധിക്കുന്നുവെങ്കിൽ തീർച്ചയായും എൻറെ രക്ഷിതാവ് ഐശ്വര്യവാനും ഔദാര്യവാനുമാണ്